ആതിരക്കാലം അണഞ്ഞുവല്ലോ ആടിമാരാരും അറിഞ്ഞതില്ലേ പാട്ടും കൂരവയും നീരാട്ടമാട്ടവും കോട്ടം കൂടാതെ കൊണ്ടാടിയിടുവിൻ നിങ്ങൾ കൂട്ടരും അഞ്ചാറു നാഴികാരാവുള്ളപ്പോൾ അഞ്ചാതെ നാരിമാരൊത്തുകൂടി പൂജോലെ തണ്ണിലിറങ്ങിക്കോളിക്കണം നെഞ്ചലി ഇന്നല്ല പാട്ടുപാടി കുഞ്ചിക്കുരവയു മിട്ടുകൂടി വട്ടങ്ങളൊക്കെ ഓരോ കിടണം ചട്ടങ്ങളൊക്കെ നടത്തിയിടേണം എട്ടങ്ങാടി ചുട്ട് പൂജ കാഴിച്ചത് ശിഷ്ടൻ നാമക്കു പൂജിച്ച് ചെയ്യണം കരംകോട്ടിക്കാളിക്കണം മാതൃമോതം നന്നൊറി വെച്ചു കൊടുത്തിടേണം പൊന്നൊഴിഞ്ഞാൽ വലിച്ചാടിയിടേണം പാർവതി തൻ്റെ സ്വയം വരംവളി നാലു സ്വയം വരം പാടിയിടേണം താമ്പുലച്ചർവണ ശോണധരം രഞ്ജയ്ക്കും പൊഞ്ഞിരി തൂയിടണം